അപ്പോൾ ഇലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ നാളെ ഈ നേരത്ത് ശമരിയയുടെ പടിവാതുക്കൽ ശേഖലിന് ഒരു സേയ ഗോതമ്പുമാവും ശേഖലിന് രണ്ടു സേയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട് യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്നു പറഞ്ഞു അതിനവൻ നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്നു പറഞ്ഞു അന്ന് കുഷ്ഠരോഗികളായ നാലാൾ പടിവാതുക്കൽ ഉണ്ടായിരുന്നു അവർ തമ്മിൽ തമ്മിൽ നാം ഇവിടെ കിടന്ന് മരിക്കുന്നത് പട്ടണത്തിൽ ചെല്ലുക എന്നു വന്നാൽ പട്ടണത്തിൽ ക്ഷാമമായിരിക്കൊണ്ട് നാം അവിടെ വെച്ചു മരിക്കും ഇവിടെ പാർത്താലും മരിക്കും അതുകൊണ്ട് വരിക നമുക്ക് അരാമ്യ പാളയത്തിൽ പോകാം അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിച്ചിരിക്കും അവർ നമ്മെ കൊന്നാൽ നാം മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ അരാം പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ടു അരാം പാളയത്തിന്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണുവാനില്ല കർത്താവ് അരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിന്റെയും ആരവം കേൾപ്പിച്ചിരുന്നതുകൊണ്ട് അവർ തമ്മിൽ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രയേൽ രാജാവ് ഹിത്യരാജാക്കന്മാരെയും മിശ്രൈം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടവർ സന്ധ്യാസമയത്തു തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി കുടാരങ്ങൾ കുതിരകൾ കഴുതകൾ എന്നിവേ പാളയത്തിൽ ഇരുന്ന പാടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി ആ കുഷ്ഠരോഗികൾ പാളയത്തിന്റെ അറ്റത്തെത്തി ഒരു കൂടാരത്തിനകത്ത് കയറി തിന്നുകുടിച്ച ശേഷം അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി പൊളിച്ചുവെച്ചു മടങ്ങിവന്ന് മറ്റൊരു കൂടാരത്തിനകത്ത് കയറി അതിൽ നിന്നും എടുത്തുകൊണ്ടുപോയി പൊളിച്ചു വെച്ചു പിന്നെ അവർ തമ്മിൽ തമ്മിൽ ശരിയല്ല ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ നാമോ മിണ്ടാതിരിക്കുന്നു നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും ആകയാൽ വരുവീൻ നാം ചെന്ന് രാജധാനിയിൽ അറിവു കൊടുക്ക എന്ന് പറഞ്ഞു അങ്ങനെ അവർ പട്ടണവാതുക്കൾ ചെന്ന് കാവൽക്കാരനെ വിളിച്ചു ഞങ്ങൾ അരാം പോയിരുന്നു അവിടെ ഒരു മനുഷ്യനും ഇല്ല ഒരു മനുഷ്യന്റെയും ശബ്ദം കേൾപ്പാനുമില്ല കുതിരകളും കഴുതകളും കെട്ടിയിരിക്കുന്ന പാടെ നിൽക്കുന്നു കൂടാരങ്ങളും അപ്പാടെ തന്നെ ഇരിക്കുന്നു എന്നു പറഞ്ഞു അവൻ കാവൽക്കാരെ വിളിച്ചു അവർ അകത്ത് രാജധാനിയിൽ അറിവുകൊടുത്തു രാജാവ് രാത്രിയിൽ തന്നെ എഴുന്നേറ്റ് ഭൃത്യന്മാരോട് അരാമ്യർ നമ്മോട് ഈ ചെയ്തത് എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം നാം വിശന്നിരിക്കെയാവുന്നുവെന്ന് അവർ അറിഞ്ഞിട്ട് അവർ പട്ടണത്തിൽ നിന്ന് പുറത്തുവരും അപ്പോൾ നമുക്ക് അവരെ ജീവനോടെ പിടിക്കുകയും പട്ടണത്തിൽ കടക്കുകയും ചെയ്യാമെന്നു വച്ച് അവർ പാളയം വിട്ടുപോയി വയലിൽ ഒളിച്ചിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു അതിന് അവന്റെ പൃഥ്വന്മാരിൽ ഒരുത്തൻ പട്ടണത്തിൽ ശേഷിപ്പുള്ള കുതിരകളിൽ അഞ്ചിനെ കൊണ്ടുവരട്ടെ നാം ആളയച്ചു അവർ ഇവിടെ ശേഷിച്ചിരിക്കുന്ന ഇസ്രയേലിന്റെ സകല നശിച്ചുപോയിരിക്കുന്ന ഇസ്രയേലിന്റെ സകല പുരുഷാരവും ഇരിക്കും എന്നുത്തരം പറഞ്ഞു അങ്ങനെ അവർ രണ്ട് രഥം കുതിരയെ കിട്ടിക്കൊണ്ടുവന്നു രാജാവ് അവരെ അരാമ്യ സൈന്യത്തിന്റെ പിന്നാലെ അയച്ചു നിങ്ങൾ ചെന്ന് നോക്കുവിനെന്ന് കൽപ്പിച്ചു അവർ യോർദാൻ വരെ അവരുടെ പിന്നാലെ ചെന്നു എന്നാൽ അരാമ്യർ തത്രപ്പാടിൽ എറിഞ്ഞുകളഞ്ഞ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും കൊണ്ട് വഴിയൊക്കെയും നിറഞ്ഞിരുന്നു ദൂതന്മാർ മടങ്ങിവന്ന് വിവരം രാജാവിനെ അറിയിച്ചു അങ്ങനെ ജനം പുറപ്പെട്ട് അരാംപാളയം കൊള്ളയിട്ടു യഹോവിയുടെ വചനപ്രകാരം അന്ന് ഷേക്കലിന് ഒരു സേയ ഗോതമ്പുമാവു ഷേക്കലിന് രണ്ടു സേയ യവവും വിറ്റു രാജാവ് തനിക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകനെ വിചാരകനായി നിയമിച്ചിരുന്നു ജനം അവനെ ചവിട്ടിക്കളഞ്ഞു രാജാവ് ദൈവപുരുഷന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞിരുന്നതുപോലെ അവൻ മരിച്ചുപോയി ീ നേരത്ത് ശമരിയുടെ പടിവാതുക്കൽ ശേഖലിന് രണ്ടു സേയ യവവും ശേഖലിന് ഒരു സേയ ഗോതമ്പുമാവും വിൽക്കുമെന്ന് ദൈവപുരുഷൻ രാജാവിനോട് പറഞ്ഞപ്പോൾ ഈ അകമ്പടി നായകൻ ദൈവപുരുഷനോട് യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ വാക്കുപോലെ സംഭവിക്കുമോ എന്നു തരം പറഞ്ഞു അതിനവൻ നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്നു പറഞ്ഞിരുന്നു ഔവണ്ണം തന്നെ അവനെ ഭവിച്ചു പടിവാതുക്കൽ വച്ച് അവനെ ചവിട്ടിക്കളഞ്ഞു അവൻ മരിച്ചുപോയി